എവിടെങ്കിലും ഏതെങ്കിലുമൊക്കെ വാക്ക് പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊന്നും സൂചിപ്പിക്കാം ക്ലാസ് പോലെ അന്വയം അന്വയിച്ച് അർത്ഥം പറയാത്തതുകൊണ്ട് ചിലപ്പോ ഒരു വാക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർത്തോളാം സ്ഥൂലമായ മണ്ഡലത്തിൽ നിന്നും പതുക്കെ പതുക്കെ പതുക്കെ ചുരുക്കി ചുരുക്കി ചുരുക്കി സൂക്ഷ്മമായി തന്നിലേക്ക് വരലാണ് പ്രക്രിയ അങ്ങനെയാണ് എല്ലാ കാര്യത്തിനെയും സിംപ്ലിഫൈ ചെയ്തുകൊണ്ടുവരിക എന്നാണ് ചുരുക്കി ചുരുക്കി കൊണ്ടുവരാ ആ സമ്പ്രദായത്തിൽ ആദ്യം വിശ്വത്തിൽ നിന്നും തുടങ്ങി എന്നിട്ട് എസീവസ്ഫുരണം സദാത്മകം എന്ന ശ്ലോകം മുതൽ ആത്മാവിലേക്ക് വന്നു ആദ്യത്തെ രണ്ട് ശ്ലോകം കൊണ്ട് ഈ പ്രപഞ്ചം പ്രപഞ്ച ഉദ്ഭവം അത് വെറും വിവർത്തമാണ് എന്ന് കാണിച്ചു പരിണാമം വിവർത്തം രണ്ടെണ്ണം സയൻസ് പരിണാമത്തിന് വേണം പരിണാമം എന്ന് വെച്ചാൽ ഇവല്യൂഷൻ ഒന്ന് പരിണമിക്കുക വേദാന്തം പറയണത് ഇവിടെ ഒരു പരിണാമവും ഉണ്ടായിട്ടേ ഇല്ല വിവർത്തമാണെന്നാണ് വിവർത്തം എന്ന് വെച്ചാൽ പരിണാമവും വിവർത്തത്തിനും വേദാന്തികൾ പറയണ ഉദാഹരണം പാല് തൈരായിട്ട് മാറണത് പരിണാമം കയറ് പാമ്പായിട്ട് തോന്നണത് വിവർത്തം കയറൊരിക്കലും പാമ്പിന്റെ ഒരു ലഗുണവും എടുത്തിട്ടില്ല പക്ഷേ ഭ്രമം കൊണ്ട് ഇയാൾ കാണുന്ന ആളുടെ ദോഷം കൊണ്ട് പാമ്പായിട്ട് തോന്നണോ അവിടെ ഒന്നും പരിണാമമേ ഉണ്ടായിട്ടില്ല ഒരു എവല്യൂഷനും ഉണ്ടായിട്ടില്ല കയറ് പാമ്പിന്റെ അടുത്തേക്ക് പോയിട്ടേയില്ല പക്ഷെ കയറ് പാമ്പായിട്ട് തോന്നുന്നു സയൻസ് പറയേണ്ടത് അങ്ങനെയല്ല പതുക്കെ പതുക്കെ എവല്യൂഷൻ ഉണ്ടായിന്നാണ് ഇവിടെ ഒരു എവലൂഷനും അല്പം പോലും ഉണ്ടായിട്ടേയില്ല എന്നാണ് ഒരു ചലനവും ഉണ്ടായിട്ടില്ല ചലിക്കാനൊട്ട് സാധ്യമേ അല്ല എവിടെ ചലനം ഉണ്ടാകും എവിടെ ചലിക്കും എവിടെ സ്പന്ദനവും ഉണ്ടാകും എവലൂഷൻ പറയാൻ പോയാൽ അതിനൊരു അന്തമേയില്ല പോയിക്കൊണ്ടേയിരിക്കും അനുസൂതം പോയിക്കൊണ്ടിരിക്കും അതാണ് ഇവിടെ വിവർത്തവാദം വിവർത്തം എന്ന് പറയുന്നത് ഒക്കെ വിവർത്തമാണ് ഈ പ്രപഞ്ചമായിട്ട് കാണുന്നത് ആത്മാവിൽ ആരോപിതമാണ് അഖണ്ഡമായി അനന്തമായിട്ട് ഒരു എത്തും പിടിയും പരന്നു പരന്നു പരന്നു പരന്നു പോകുന്ന ഈ വിശ്വം അതിന്റെ മുഴുവൻ സോഴ്സ് എവിടെയാളുള്ളത് ദേശകാല കലനാവൈചിത്രി ചിത്രീകൃതം എന്ന് സൂചിപ്പിച്ചു ടൈം സ്പേസ് അല്ലേ ഈ അടുത്ത കാലത്താണ് ടൈം സ്പേസ് കള്ളമാണ് ടൈം വേറെ സ്പേസ് വേറെയില്ല രണ്ടും ഒന്നാണ് എന്നൊക്കെ പതുക്കെ പതുക്കെ സയൻസ് പിച്ചവെച്ച് നടന്നു വരുന്നത് എന്നിട്ട് ഒന്നും വലിയ പ്രോഗ്രസ് ഒന്നും ഉണ്ടായില്ല കാരണം എന്റെ ഒക്കെ പുറമേക്കാണ് ഈ അന്വേഷണമേ പുറമേക്കാണ് ഈ അന്വേഷണം ഇപ്പോ ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു സർക്കിൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു ഇനി തിരിച്ചു വരാതെ വഴിയില്ല എന്നാണ് ഈ കണ്ടുപിടിക്കണത് പുറത്ത് കണ്ടുപിടിക്കണതൊക്കെ സർക്കിൾ ഒരുവിധം കംപ്ലീറ്റ് ആയിരിക്കണമെന്ന് ഇനി എങ്ങോട് പോകും എന്തിനെ കണ്ടുപിടിക്കും എവിടെ പോകും എന്തിനെ അന്വേഷിക്കും എന്ത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നിടത്തേ ഇരിക്കണം അതാണ് വലിയ കഷ്ടം ഇത്രയൊക്കെ കണ്ടുപിടിച്ചൊക്കെ ആയിട്ടും സർവത്ര കൺഫ്യൂഷൻ ഈ ആകെപ്പാടം മഹാ കൺഫ്യൂഷൻ ആയിരിക്കാണ് അപ്പോ ഇനി പ്രോഗ്രസ്സായി പ്രോഗ്രസ് ആയി എവിടെയൊക്കെ വരും ഇപ്പോ ഫ്ലൈറ്റായി ഇനി കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇവിടെ ഒരു അലമാറയിൽ വെച്ച് പൂട്ടി നമ്മളെ പുകയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അമേരിക്കയിൽ പോയിട്ട് റീകൺവേർട്ട് ചെയ്യും പോണമെങ്കിൽ രാവിലെ നമ്മുടെ വീട്ടിൽ ഒരു അലമാറയുടെ ഉള്ളിൽ കയറിയിരുന്നാൽ മതി ഒരു പെട്ടിയുടെ ഉള്ളില് ഇതൊക്കെ സാധ്യമാണ് ഇതൊന്നും ഇപ്പൊ നമ്മൾ അത്ഭുതപ്പെടുന്നു ഇതൊക്കെ സാധ്യമാണ് ഫ്യൂച്ചറിൽ പക്ഷേ ചിലപ്പോൾ ആ എവിടെയെങ്കിലും ഒക്കെ ആൾ നഷ്ടപ്പെട്ടു പോകും അതിലും കുഴപ്പമുണ്ടാവും കൺഫ്യൂഷൻ ഉണ്ടാവും റൂട്ട് മാറിയിട്ട് ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ പെട്ടി തുറന്ന് അതിനുള്ളിൽ വന്ന് നിൽക്കും ഒക്കെ ഉണ്ടാവും എല്ലാം കൂടുതൽ കൂടുതൽ കൺഫ്യൂഷനാണ് ഉണ്ടാക്കാൻ പോണത് കാരണം നമ്മള് ബാഹ്യപദാർത്ഥങ്ങളെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് ൊന്നും ഒരു സമാധാനുണ്ടാവാൻ പോണില്ല ഒരു സംതൃപ്തി ഉണ്ടാവാൻ പോണില്ല സൃഷ്ടി ആരംഭം അതായത് പഴയ കാലത്ത് എത്രയോ ആയിരമായിരം വർഷം മുമ്പ് മനുഷ്യൻ എങ്ങനെ ഊണ് കഴിച്ചിരുന്നു എങ്ങനെ ഉറങ്ങിയിരുന്നു എങ്ങനെ സാധാരണമായ ഫിസിക്കൽ പ്ലഷേഴ്സ് അനുഭവിച്ചിരുന്നു അതേപോലെ തന്നെ എന്നും അതിനയാൾക്ക് സമയമില്ല അത്രയുള്ളു ഇപ്പൊ അതിനുപോലും ഇപ്പൊ സമയമില്ല അതൊന്നും ഒരു ഇഞ്ചു കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റിയിട്ടില്ല പുറമേക്ക് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കും അതാണ് പറഞ്ഞത് ഇവിടെ ഒന്നും സാധ്യമല്ല ഒരു ചലനമില്ല അവിടെ വെറുതെ ഒരു ഭ്രമം മാത്രം ഇവിടെ നിൽക്ക് ഈ ഹൊറിസോണ്ടൽ മൂവ്മെന്റാണ് വെർട്ടിക്കൽ മൂവ്മെന്റേ ഇല്ല ഇവിടെ നിൽക്കുന്നതിന് പേരം ഇവിടെ നിൽക്കണു ഇവിടെ നിൽക്കുന്നതിന് പേരം ഇവിടെ നിൽക്കണു ഇവിടെ നിൽക്കുന്നതിന് പേരം എവിടെ പോയാലും ഹൊറിസോണ്ടൽ മൂവ്മെന്റാണ് വെർട്ടിക്കൽ മൂവ്മെന്റ് എവിടെ വരും അതാണ് പ്രത്യക് പ്രവാഹിനി വൃത്തിഹി എന്ന് വേദാന്തികൾ പറയാം പ്രത്യക് വെർട്ടിക്കൽ മൂവ്മെന്റ് വെർട്ടിക്കൽ എന്ന് വെച്ചാണ് ഞാൻ പറയണത് അന്തർമുഖമായിട്ട് ഉള്ളിലേക്ക് നമ്മളുടെ ജീവിതം ഒരു പുറത്തും തൊണ്ണൂറ്റിയൊമ്പത് ഉള്ളിലുമാണ് ആ തൊണ്ണൂറ്റിയൊമ്പത് പെർസെന്റിനെ ബലി കഴിച്ചിട്ട് ഒരു പെർസെന്റിന് പെയിന്റ് അടിക്കലും പൗഡർ ഇട്ട് കൊടുക്കലും തലചെയ്ക്കൊടുക്കലും ഒക്കെയാണ് നമ്മളുടെ മുഴുവൻ ഈ ഒരു പെർസെന്റിലാണ് നമ്മളുടെ അറ്റൻഷൻ മുഴുവൻ നമ്മളുടെ എല്ലാ ശാസ്ത്രീയമായിട്ടും എല്ലാ പരിശ്രമങ്ങളും ഈ ഒരു പെർസെന്റിലാണ് തൊണ്ണൂറ്റിയൊമ്പത് പെർസെന്റ് അവിടെ വിഷമിച്ച് പഷ്ണി കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഉള്ളിൽ അപ്പൊ ആ പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർസെന്റിന് ആദ്യം മായയാണെന്ന് കാണിച്ചത് ഈ ഒരു പെർസെന്റ് മായയാണെന്ന് കാണിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഇത് ഈ തൊണ്ണൂറ്റിയൊമ്പത് പെർസെന്റിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ഈ ഒരു ബാക്കി അങ്ങട്ട് തിരിയാ അതിനാണ് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളെ നിയോഗിച്ചത് അല്ലാതെ വിശ്വത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനല്ല നല്ലവണ്ണം അറിഞ്ഞുകൊള്ളണം ഇതിനൊന്നും പോയി വാദിച്ച് ചണ്ടകൂടി ലോകം സത്യമാണെന്ന് ഇനി ഒരു കൂട്ടര് ഈ ചണ്ട കൂടാനല്ല ഭാഷയത്തിൽ തന്നെ ശങ്കരാചാര്യസ്വാമികൾ ഒരിടത്ത് പറയുന്നു ഉപനിഷത്തിനോ വേദാന്തത്തിനോ പ്രപഞ്ചത്തിനെ കുറിച്ച് കാ മാ ഉദ്ദേശമേ ഇല്ല എന്നാണ് യാതൊരു ഉദ്ദേശവുമില്ല പ്രപഞ്ചം ഉണ്ടായിരുന്നോ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനു പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അത് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ അതിനൊരു എക്സ്പ്ലനേഷൻ അത്രയേ ഉള്ളൂ അതിനെ ഒന്ന് ശമിപ്പിക്കാം അവിവക്ഷിത ഇഹ സൃഷ്ടിക്രമ സൃഷ്ടി പറയണം എന്നുള്ള വിവക്ഷയില്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടി എന്താണ് സൃഷ്ടി എന്താണ് സൃഷ്ടി എന്താണ് ചോദിക്കുന്നത് ഓരോ തരത്തിലും പറയണു അപ്പം ഇവിടെ അടങ്ങും നമ്മളുടെ ജിജ്ഞാസ നമ്മളുടെ ബുദ്ധിയിലുള്ള ഔത്സുഖ്യം അടങ്ങാൻ വേണ്ടി മാത്രം അടങ്ങുമ്പോൾ ആ നിശ്ചലത്തെ അകമയ്ക്കുണ്ടാവണമല്ലോ ദ്രൂത്ത് അത് സത്യം പുറമേക്ക് പല എക്സ്പ്ലനേഷൻസും ആവാം ഒരു എക്സ്പ്ലനേഷനും പൂർണമായിട്ട് സത്യമാവില്ല കാരണം മായ ഇൻഎക്സ്പ്ലിക്കബിൾ ആണോ ഒരു എക്സ്പ്ലനേഷനും വഴങ്ങി തരാത്തവളാണ് യുക്തിക്കൊന്നും വഴങ്ങി തരാത്തതാണ് വായ നമ്മളുടെ യുക്തി ഒക്കെ തന്നെ ഈ കളിത്തലങ്ങളിലേ ഉള്ളൂ നമ്മുടെ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു മരിച്ചു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ടു വർഷത്തിൽ വേറെ പോയി ജനിച്ചിട്ടുണ്ടാവുമോ മഹർഷി പറഞ്ഞു ഉത്തരം കേട്ടാ തന്നെ നമ്മൾ അന്ധം വിട്ടുപോകും മഹർഷി പറഞ്ഞു ജനിച്ചിട്ടുണ്ടാവും ചിലപ്പോ ജനിച്ചിട്ടുണ്ടാവും മാത്രമല്ല ചിലപ്പോ പത്ത് എഴുപത്തിയഞ്ചു വയസ്സുമായിട്ടുണ്ടാവും എന്നാണ് നിങ്ങൾ എങ്ങനെ യുക്തി കൊണ്ട് ഘടിപ്പിക്കും ഇത് ഇന്ന് ഇന്ന് ഇവര് ഈ വിഷയത്തില് പാരാസൈക്കോളജി പറഞ്ഞിട്ട് റിസർച്ച് ചെയ്യുന്നവര് ഈ ബുദ്ധിമുട്ടിൽ വന്ന് നിക്കണം ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിക്ക് ഒമ്പത് വയസ്സ് ആ കുട്ടി പറഞ്ഞു എന്റെ മകൻ പേരക്കുട്ടി അവർക്ക് ഇന്നെന്നെ പേര് അവരിന്നെ സ്ഥലത്തുണ്ട് എന്റെ വീട് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു ആശ്ചര്യമായ കുട്ടി അവിടെ കൂട്ടിക്കൊണ്ടുപോയാൽ അതേപോലെ വീടുണ്ട് അവിടെ മകനുണ്ട് പേരക്കുട്ടി ഈ കുട്ടി എന്തൊക്കെ പേര് പറഞ്ഞു അവരൊക്കെ അവരുടെ അമ്മ മരിച്ചു ഒക്കെ വസ്ത്രവും പക്ഷെ ഇവർക്ക് എവിടെയോ കുഴപ്പം വരണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഒമ്പത് വയസ്സ് ഇവരുടെ അമ്മ മരിച്ചിട്ട് നാലു വർഷമേ ആയിട്ടുള്ളൂ അപ്പൊ ഇത് എങ്ങനെ പിടിച്ചെടുത്തു എന്നാണ് അതാണ് നമ്മളുടെ സകല കണക്കും സെറ്റിക്കലാണ് മായയുടെ ഒരേ ജോലി യുക്തിശൂന്യ വസ്തുപ്രകാശ്യ സംത്യാ മായ ഈ മായയെ കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് സ്കൂൾ പഠിക്കുമ്പോ കണക്കില് വലിയ മോശമാണ് മായയെ കണ്ടപ്പോഴാണ് മായയ്ക്ക് കണക്കൊക്കെ കുഴപ്പമാണെന്ന് മനസ്സിലായപ്പോഴാണ് ഒരു സമാധാനമായത് സർവത്ര കുഴപ്പമാണ് ഒരു കണക്കുമല്ല അവിടെ ഒരു ലോജിക്കിനും വഴങ്ങി തരില്ല എന്നാണ് അപ്പോ അതാണ് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് മായ എന്നുള്ളതിനെ പറഞ്ഞത് അത് അനേകവിധ വസ്തുക്കളെ മുമ്പിൽ ഒരു മഹായോഗിയെ പോലെ ഇന്ദ്രജാലകനെ ഐന്ദ്രജാലകനെ പോലെ പൊന്തിച്ചുകൊണ്ടുവന്ന് കാണിക്കുന്നു പലതും കാണും യുക്തിയില്ലാത്തതൊക്കെ കാണും आ इंद्रजाल अधिष्ठाना परमात्व साक्षात् कय का मंद अंधकार कयु पापाटे पर जीवात्व तेज या शर मन बुद्धि जोड़ो चेर्निब पचड़ी അത് അഹങ്കാരമായിട്ട് അനുഭവപ്പെടുന്നു അത് തന്നെ വിചാരജ്ഞാനത്തിന്റെ വെളിച്ചം അടിച്ചു നോക്കുമ്പോ അതവിടെ ജീവനെയല്ല അഖണ്ഡപ്രജ്ഞ ബോധം ആ ഒരേ ഒരു പ്രജ്ഞയാണ് ജീവനായിട്ട് ഈ ശരീരത്തിന്റെ കുടുങ്ങിയ പോലെ അനുഭവപ്പെടുന്നത് അതാണ് ഇന്നലെ പറഞ്ഞത് ഒരു ഉള്ളിൽ വെച്ച വിളക്ക് അനേക ഛിദ്രങ്ങളുള്ള ഒരു കുടത്തിന്റെ ഉള്ളിൽ വെച്ച വിളക്ക് ഓരോ ഛിദ്രത്തിലൂടെയും വെളിച്ചം വരുന്ന പോലെ ഈ ശരീരമാവുന്ന കുടത്തിന്റെ ഉള്ളിൽ വെച്ച് ജ്ഞാനമാവുന്ന വിളക്ക് കണ്ണിലൂടെയും ചെവിയിലൂടെയും മൂക്കിലൂടെയും നാവിലൂടെയും ഒക്കെ പുറത്തുവരുന്നു അനുഭവരൂപത്ത് പ്രപഞ്ചമായി പെരുകിക്കാണുന്നു വിസ്തരിച്ച് കാണപ്പെടുന്നു ഈ വിസ്താരത്തിന്റെ മുഴുവൻ സോഴ്സ് അവബോധമാണ് ുണ്ട് എന്നുള്ള അനുഭവമാണ് ആ അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നതോ സാക്ഷാത് ഈശ്വരനാണ് ദക്ഷിണാമൂർത്തിയാണ് ആ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എന്തിനാ ആ ദക്ഷിണാമൂർത്തി സ്വയം ഹൃദയത്തിൽ പ്രകാശിച്ചാലോ നമുക്ക് ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല ഞാൻ പ്രാണനല്ല ഞാൻ അഹങ്കാരമോ ബുദ്ധിയോ ഇതൊക്കെ തള്ളി മാറ്റിക്കഴിഞ്ഞാൽ ആവിർഭവിക്കുന്ന ശൂന്യമോ അല്ല എന്ന് തെളിയും ശുദ്ധ ചൈതന്യസ്വരൂപമാണ് ആനന്ദ സ്വരൂപമാണെന്ന് തെളിയും ആനന്ദസ്വരൂപമാണ് തെളിയെന്ന് വെച്ചാൽ എന്താ അർത്ഥം ആനന്ദത്തിന്റെ സ്ഥിതി അല്ലാതെ നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആനന്ദം അനുഭവത്തിൽ വരുമ്പോ പിന്നീടൊന്നും ചോദ്യമേയില്ല ആ ആനന്ദം എങ്ങനെയുണ്ടാവും എന്നിപ്പോ ചോദിച്ചാൽ ഒന്നും പറയാനേ പറ്റില്ല ആനന്ദത്തിന്റെ അളവ് ഒരിക്കലും തിട്ടപ്പെടുത്താൻ ഒക്കില്ല ഒരു കിണറ്റിന്റെ തവള പാവം ആ തവള ബോൺ വിത്തിൻ കിണർ അദ്ദേഹത്തിന്റെ നേറ്റീവ് പ്ലേസ് ആണ് കിണർ അതിനകത്ത് തന്നെ പൊട്ടക്കിണർ അതിനകത്തുള്ള ഒരു തവള ഒരിക്കൽ സമുദ്രത്തിൽ നിന്നുള്ള ഒരു തവള അറിയാതെ ഈ കിണറ്റിന്റെ ഉള്ളിൽ വന്ന് പെട്ടു ഈ കിണറ്റിന്റെ ഉള്ളിലുള്ള തവള ചോദിച്ചു എവിടുന്നു വരണു ചോദിച്ചു അപ്പൊ ഞാൻ സമുദ്രത്തിനാണ് വരുന്നത് സമുദ്രമോ അതെങ്ങനെ ഉണ്ടാവും സമുദ്രം എന്ന് വെച്ചാ വലിയ ജലരാശി ഇത്ര ഉണ്ടാവോ എന്നുവെച്ചോ തവള തവള കൈ കാണിച്ച എങ്ങനെ ഉണ്ടാവോ ആലോചിച്ചത് ഇത്രയുണ്ടാവോ അയ്യോ ഇതിനോടൊന്നും ഉപമിക്കാൻ പറ്റില്ല സമുദ്രത്തിന് ഇത്ര ഉണ്ടാവോ സമുദ്രത്തിനെ അങ്ങനെ ഒന്നും പറയാനേ ഒക്കില്ല ഇത്ര ഉണ്ടാവോ ഈ തവളക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും സമുദ്രത്തിനെ അവസാനം ഈ തവള ഇവിടുന്ന് അങ്ങോട്ട് ചാടിയെത്തണം എത്ര ദൂരം ഉണ്ടാവോ സമുദ്രം എന്തായാലും തന്റെ കിണറ്റിന്റെ ഒരു കാഭാഗം പോലും സമുദ്രത്തിന് കൊടുക്കാൻ തയ്യാറല്ല അവസാനം പറഞ്ഞു ഈ കിണറിന്റെ അത്ര ഉണ്ടാവോ യോ ഈ കിണറിനോടൊന്നും സമുദ്രത്തിനെ ഉപമിക്കാനേ സാധ്യമല്ല ഓടോ എന്റെ കിണറിനെക്കാളും വലിയൊരു സാധനമേ ഇല്ല എവിടെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ എന്ന് പറയാം ഈ തവള അപ്പൊ ഈ തവളെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു മേലെ ഈ കാണുന്ന ഈ ആകാശമുണ്ടല്ലോ ഈ ആകാശത്തിന് വേണമെങ്കിൽ സമുദ്ര സമുദ്രത്തിനെ ആകാശത്തിനോടെ ഒപ്പമിക്കാൻ നോക്കുകയുള്ളൂ വേറെ ഒന്നിനോട് ഉപ്പമിക്കാൻ പറ്റുക അപ്പൊ ഈ തവളെ കിണറ്റിൻ്റെ ഉള്ളിൽ തവളെ പറയണേ ആകാശമേ ഉള്ളിലാണ് ഇരിക്കുന്ന അത് കാണുന്നത് എങ്ങനെയാണ് അത് കെണറ്റിൻ്റെ ഉള്ളെന്ന് നോക്കുമ്പോ ആകാശം കെണറ്റിന്റെ പാരപെറ്റുവാളിന്റെ ഉള്ളിലാണ് അതെങ്ങനെ സമ്മതിക്കും പാവം അതിനെന്ത് ചെയ്യാൻ പറ്റും പതുക്കെ പതുക്കെ പതുക്കെ കിണറ്റൊന്ന് പൊക്കിക്കൊണ്ടുവന്ന് പുറത്തു വരുമ്പോഴാണ് ആകാശം എത്ര വലുതാണെന്ന് കാണുന്നത് എന്നിട്ട് സമുദ്രം കാണിക്കൊടുക്ക ഒരു ഗുരു ദക്ഷിണാമൂർത്തി ചെയ്യുന്നത് അതാണ് ഈ ദേഹമാവുന്ന പൊട്ട കെനറ്റിന്റെ ഉള്ളിൽ ഇരുന്ന് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഒരു ഗുരു നമ്മളെ പതുക്കെ ഓരോ വട്ടക്കെട്ടായിട്ട് കയറ്റണം ജാഗ്രതാവസ്ഥ എന്നൊരു വട്ടക്കെട്ട് സ്വപ്നാവസ്ഥ എന്നൊരു വട്ടക്കെട്ട് സുഷുപ്തി അവസ്ഥ എന്നൊരു വട്ടക്കെട്ട് ഇത് കിടന്നാൽ തുലീയമായും പരവളി ചിതാകാശം കാണാം അപ്പൊ മനസിലാവോ കിണറ്റിനു പുറത്ത് അനന്തമായൊരു അനുഭൂതി മണ്ഡലമുണ്ട് ഈ കിണറ്റിന്റെ ഉള്ളിലിരിക്കുന്നിടത്തോളം ഈ മൂന്ന് വട്ടക്കെട്ടേ ഉള്ളൂ ജാഗ്രത് സ്വപ്നം സുഷുപ്തി സുഷുപ്തി സ്വപ്നം ജാഗ്രത് ഇതിനകത്ത് നമ്മളുടെ സംസാരം അത് മരണത്തോടുകൂടി അവസാനിച്ച് പിഞ്ഞി തുടങ്ങുകയായി നഴ്സറി ക്ലാസ് മുതൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ലിമിറ്റഡ് ആയിട്ടുള്ള കിണർ കിണർ എന്ന് വെച്ചാൽ ഇതാണ് ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇതിനകത്ത് ലിമിറ്റഡ് ഒന്ന് കുറെ നേരം ഉണർന്നിരിക്കും പിന്നെ ഉറങ്ങും പിന്നെ സ്വപ്നം കാണും ഈ മൂന്നെണ്ണം നമ്മൾ വല്ലതും ചെയ്യണ്ടോ ഡെഫിനിഷൻ ലൈഫ് എന്ന് വെച്ചാൽ എന്താണ് തിങ്കിങ് ആൻഡ് സ്ലീപ്പിംഗ് അതാണ് ലൈഫ് ഒന്നിൽ ചിന്തിച്ചുകൊണ്ടേ അല്ലെങ്കിൽ ഉറങ്ങാം ഈ രണ്ടിന്റെ ഉള്ളിൽ ജീവിതം അവസാനിച്ചു ജാഗ്രത് സ്വപ്നം സുഷുപ്തി അപ്പോ ശരീരത്തിനെ ഞാനിന്ന് കരുതുന്നു ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രക്രിയയിലും നമ്മുടെ അഭിമാനവൃത്തി ചെന്ന് ഒട്ടിനിക്കുന്നു അതൊക്കെ മഠേതരമാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞ അതും നമ്മൾ ഇന്നലെ കണ്ടു ദേഹം പ്രാണം അപ്പൊ ഇന്ദ്രിയാണി അഭി ചലാം ബുദ്ധിം ച ശൂന്യം വിധു ദേഹം ഞാനാണെന്ന് വിചാരിക്കുമ്പോ ദേഹത്തിലെ ശ്രദ്ധ ശരീര പോഷണത്തിലെ ശ്രദ്ധ വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു ഈ ശരീര പോഷണത്തിലെ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് ആരും പരമസുഖം കണ്ടെത്തണം എന്ന് അവൻ എങ്ങനെയാന്ന് വെച്ചാൽ നദി ക്രോസ് ചെയ്യാനായിട്ട് ഒരാൾ പോയി അപ്പൊ ഒരു നല്ല മരത്തടി കണ്ടു ആ മരത്തടിയെ പിടിച്ചുകൊണ്ട് നീന്താൻ തുടങ്ങി കുറച്ചുദൂരം എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് മരത്തടിയല്ല മൊതലയാണ് ഈ മൊതലയെ പിടിച്ചുകൊണ്ട് നദി തരണം ചെയ്യാൻ പോകുന്ന ആളെ പോലെയാണ് ശരീരപോഷണാർ ആത്മാനും ഒരു മൊതലയെ മരത്തടിയാണെന്ന് ധരിച്ച് പിടിച്ചവനെ പോലെയാണ് ഈ ശരീരത്തിനെ പിടിച്ചുകൊണ്ട് എന്താന്ന് വെച്ചാൽ മുങ്ങും ചാവും അല്ലെ മുതലേ പിടിച്ചുകൊണ്ട് പോയാൽ ചാവുന്ന പോലെ ശരീരത്തിന് പിടിച്ചുകൊണ്ടിരുന്നാൽ ശരീരം ചാവുമ്പോൾ ചാവും ശരീരത്തിന് വ്യാധി വരുമ്പോൾ എനിക്ക് വിഷമം വരും ശരീരത്തിന് അപമാനം ഏർപ്പെടുമ്പോൾ എനിക്ക് വേദന വരും ഒക്കെ ശരീര സംബന്ധമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്നെ അഫക്റ്റ് ചെയ്യും പ്രാണൻ പ്രാണനും ഇതിൽ ഓരോ തലത്തിലും മനുഷ്യർ കുടുങ്ങിയിരിക്കും പ്രാണായാമാദികളൊക്കെ ചെയ്തിട്ട് അത് യോഗമാണെന്ന് ധരിച്ചാൽ പ്രാണൻ ചലിക്കുമ്പോൾ നമ്മൾ ചലിക്കും പ്രാണനടങ്ങുമ്പോൾ നമ്മൾ അടങ്ങും ചിലർ പ്രാണനൊക്കെ അടക്കിയിട്ട് ഒരുതരം സമാധിസ്ഥിതി പോലെ ഒരവസ്ഥ ആ അവസ്ഥയിൽ അനേക വർഷങ്ങൾ ബാഹ്യവ്യവഹാരമില്ലാതെയൊക്കെ ഇരിക്കും ഹിമക്കരടിയൊക്കെ ഇരിക്കുന്ന പോലെ ഒന്നും അറിയില്ലേ അതിന് പ്രാണനു ഒരു മണ്ഡലം മാത്രമാണ് നമ്മളുടെ ഒരു സഹായമണ്ഡലം മാത്രമാണ് പ്രാണൻ അതേപോലെ മനസ്സ് മനസ്സിലും നമ്മൾ കുറെ കാലം സാധന ചെയ്ത് മാനസിക മണ്ഡലത്തിലും ഇരിക്കും ഇന്ദ്രിയങ്ങൾ കണ്ണില്ലെങ്കിൽ ഞാൻ അന്ധനാണ് ചെവിയില്ലെങ്കിൽ ഞാൻ ബദിരനാണ് എന്നൊക്കെയുള്ള ഭാവനയൊക്കെ ഈ ഇന്ദ്രിയങ്ങളോട് ജോടിച്ചിരിക്കുകയാണ് ശൂന്യം ശൂന്യാവസ്ഥ ബുദ്ധി ബുദ്ധിയോ ബുദ്ധിയോ അതേ നമ്മളുടേതല്ല ഇതൊക്കെ പ്രകൃതിയുടെ പദാർത്ഥങ്ങളെയൊക്കെ നമ്മൾ അപഹാരം ചെയ്യുകയാണ് അതൊക്കെ പ്രകൃതി നമ്മളുടെ അടുത്ത് നിന്ന് വലിച്ചുകൊണ്ട് ഓരോ വ്യാധിയും പ്രകൃതി നമ്മളുടെ അടുത്ത് പറയുകയാണെങ്കിൽ വീട് വിട്ട് ഒഴിയെന്ന് പറയാം വാടകയ്ക്ക് ഒരാളെ ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒഴിയില്ല ഈ വാടക വീട്ടിന്റെ ഓണർ എന്ത് അയാൾ തന്നെ പോയി അയാളുടെ വീട്ടിലത്തെ ഇലക്ട്രിക് കണക്ഷൻ എടുക്കും വാട്ടർ സപ്ലൈ നിർത്തും നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യണം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വീട് ഒഴികെ എന്ന് പറയും അതേപോലെ പ്രകൃതിയുടെ സ്വത്തായിട്ടുള്ള ഈ ശരീരത്തിൽ നമ്മൾ സ്വത്വം വയ്ക്കുമ്പോൾ പ്രകൃതി നമ്മളോട് പറയാണ് ഇത് എന്റെ സ്വത്താണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഓരോരോ മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും വ്യാധിയായിട്ടും വൈഷമ്യങ്ങളായിട്ടും അവസാനം മൃത്യുവായിട്ടും ഇതിലെല്ലാം പ്രകൃതിയുടെ കയ്യിലാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം നമ്മുടെ ശരീരം പ്രകൃതിയുടെ കയ്യിലാണ് പ്രാണൻ പ്രകൃതിയുടെ കയ്യിലാണ് അല്ലെ പ്രാണനിൽ വല്ല കണ്ട്രോളുണ്ടോ നമുക്ക് നമ്മൾ ആലോചിച്ചിട്ടാണോ ശ്വാസോച്ഛ്വാസം ചെയ്യണത് ഇത്ര നേരം പ്രഭാഷണം ചെയ്തു ഇനി കുറച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കണം എങ്ങനെ നടക്കുന്നു ഏതോ ഒരു ശക്തി ന പ്രാണേന അപാനേന മർത്യോ ജീവതി കർഷന ണതു ജീവന്തി യസ്മിൻ നേതാവ് ഉപാശ്രിതവും ഉപനിഷത് പരെയാണ് പ്രാണനും അപാനനും കൊണ്ടുമല്ല മർദ്ദേൻ ജീവിക്കുന്നത് വേറെ എന്തോ ഇതിനെ നിയന്ത്രിക്കണമല്ലോ അതുകൊണ്ടാണ് യസ്മിൻ നേതാവ് ഉപാശ്രിതവും അപ്പൊ പ്രാണനും പ്രകൃതിയുടെ വസ്തുവാണ് ഇന്ദ്രിയങ്ങൾ പ്രകൃതിയുടെ കയ്യിലാണ് നമ്മളുടെയും നമ്മളുടെയും പറയണെന്നല്ലാതെ പ്രകൃതിയുടെ ആണ് ബുദ്ധി പ്രകൃതിയുടെ ആണ് അതുകൊണ്ടാണ് ബുദ്ധി ചിലപ്പോഴൊന്നും ഓർമ്മയുണ്ടാവണില്ല അവരവർ അവരവരുടെ പേര് തന്നെ മറന്നുപോകണം ചില സൂക്കയുടെടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിയിലൊന്നും ഓർമ്മയുണ്ടാവില്ല അവരുടെ പേര് ഓർമ്മയുണ്ടാവില്ല അവരുടെ വീട്ടിന്റെ കാര്യം ഓർമ്മയുണ്ടാവില്ല കുളിച്ചുവോ ഓർമ്മയുണ്ടാവില്ല വസ്ത്രം കൊടുത്തിട്ടുണ്ടോ ഓർമ്മയുണ്ടാവില്ല എല്ലാം മറന്നുപോവാ ബുദ്ധി വലിയ വലിയ ആളുകൾക്ക് പോലും ബുദ്ധിഭ്രമം ചിലപ്പോ പ്രാരബ്ധവശാൽ ബുദ്ധിഭ്രമം വരും ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദാചാര്യർക്ക് ഉന്മാദം വന്നു ബുദ്ധിഭ്രമം വന്നു ഒരാള് മരുന്ന് കലക്കിക്കൊടുത്തു അദ്ദേഹത്തിന് ബുദ്ധിഭ്രമം വന്നു ആ ഉന്മാദത്തോടുകൂടെ തന്നെ ആചാര്യസ്വാമികളെടുത്ത് വന്നു ആചാര്യസ്വാമി പറഞ്ഞു കുഴപ്പമില്ല ബുദ്ധിയിലല്ലേ ഭ്രഹം ഈ ബുദ്ധിഭ്രമം കൊണ്ടും അങ്ങയുടെ ജ്ഞാനത്തിന് ഒരു കുഴപ്പവും വരില്ല ഇത് പ്രാരബ്ധമാണ് ഇത് വന്നിട്ട് പോവും ശരിയായിക്കൊടുമ്പു ബുദ്ധിയും ഞാനല്ല ശരീരം ഞാനല്ല പ്രാണൻ ഞാനല്ല ബുദ്ധിയുടെ എനിക്ക് അറിയാൻ കഴിയുന്നില്ല ഓർമ്മ വയ്ക്കാൻ കഴിയുന്നില്ല പഠിക്കാൻ കഴിയുന്നില്ല ചിലർക്ക് വിഷമം പഠിച്ചാലും ഓർമ്മ വെച്ചാലും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല ഇതൊക്കെ ബുദ്ധിയുടെ ശൂന്യവും ഞാനല്ല ശൂന്യം എന്നുള്ളതുകൊണ്ടിവിടെ ഉദ്ദേശിക്കണത് ഉറക്കം ഉറക്കത്തിൽ ഏർപ്പെടുന്ന അനുഭവവും ഞാനല്ല ഉറക്കവും വന്നിട്ട് പോണമല്ലോ ഇതിലെല്ലാത്തിലും മാറാതെ നിൽക്കുന്ന വസ്തുവാണ് ഞാൻ ആ ഞാനിനെ എവിടെ കണ്ടെത്തും അത് സുഷുപ്തി അവസ്ഥയിൽ സുഖമായി ഉറങ്ങുമ്പോ ശരീരം വ്യക്തിബോധമില്ലെങ്കിലും അതുണ്ട് അതിനെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കം രാഹുഗ്രസ്തകരേന്ദുസദൃശോ മാസമാാദനത് സത്രക്കരണോപസംഹരണത്തോയോഭൂത് സുഷുപ്ത പുമാൻ പ്രസ്വാസം ഇതി പ്രബോധസമയേ യാതെ തസ്മൈ ശ്രീഗുരുമൂർത്തമ ഇതം ശ്രീദക്ഷിമൂർത്ത രാഹുഗ്രസ്ത ദകരേന്ദു സദൃശാം ഈ ഗ്രഹണ സമയത്ത് സൂര്യചന്ദ്രന്മാര് സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ആച്ഛാദനം ചെയ്യപ്പെടുന്നു രാഹു ആച്ഛാദനം ചെയ്യപ്പെടുന്നു ശങ്കരാചാര്യസ്വാമിക്ക് അന്ധവിശ്വാസം ഉണ്ടായിരുന്നോ രാഹു എന്നൊരു ഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യർക്കോ ജ്യോതിശാസ്ത്രത്തിലുള്ളവർക്കോ ആർക്കും അങ്ങനെയൊരു അന്ധവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഡെലിബറേറ്റ് ആയിട്ടാണ് ഈ രാഹു നമ്മുടെ ഗ്രഹത്തിനെ ഉണ്ടാക്കിയതും ഇവിടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ വേണമെന്ന് വെച്ചിട്ടാണ് ആ ഉദാഹരണം എന്താന്ന് വെച്ചാൽ രാഹു ഇല്ല അതുകൊണ്ട് തന്നെ രാഹുവിനെടുത്തത് എന്തിനാ ഈ രാഹുവിനെ എടുത്തതെന്ന് വെച്ചാൽ രാഹു ഇല്ലാത്തതുകൊണ്ട് തന്നെ രാഹുവിനെ എടുത്തത് ഇല്ലാത്തതും മറക്കുന്നു ഇല്ലാത്തതിനെ ഒന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ആ പാമ്പ് സൂര്യനും മെഴുങ്ങുന്നത് കാണാനായിട്ട് കണ്ണാടിയിൽ കരുതി വെച്ച് നോക്കിക്കൊണ്ടേയിരിക്കും എവിടെ പാമ്പ് വരുന്നുണ്ടോ പാമ്പ് വരുന്നുണ്ടോ പാലില്ലാത്ത പാമ്പ് രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ രാഹുഗ്രസിക്കുന്ന പോലെ എന്നാലോ അതിന്റെ എഫക്ട് കാണുകയും ചെയ്യണം വാസ്തവത്തിൽ എന്തെങ്കിലും മറയ്ക്കണുണ്ടോ നിഴല് മറക്കുകയാണ് അല്ലേ നഴല് മറക്കുകയാണ് ഛായ ഭൂഛായ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആച്ഛാദനം ചെയ്യുന്ന പോലെ തത്കാലത്തേക്ക് അതേപോലെ